കാലാവസ്ഥയിൽ വന്ന ചെറിയ ചിഹ്നിച്ചിന്നി പെയ്യുന്ന മഴയും ഒക്കെ മനസ്സിൽ നേറുന്ന ചില നോവുകൾ മുളപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ മഹരത്തിന് മുമ്പ് ഈ സദസ്സിനോട് പറഞ്ഞത് നടയിപ്പറഞ്ഞതുപോലെ സതത്തിൽ ഉള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ പറഞ്ഞത് അല്പം വൈകാരികമായ അതല്ലെങ്കിൽ സങ്കടകരമായ ചില ശൈലി ആയെങ്കിൽ ഒരുപക്ഷെ അതിലെങ്കിൽ തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്ഷമിക്കണമെന്നും ഈ അവസരത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞിരുന്നു രണ്ട് സങ്കടങ്ങൾ എനിക്കുണ്ടെ നാടിനുണ്ട് നമ്മുടെ നാട്ടുകാർ കൊണ്ട് വന്നു നമ്മുടെ സഹോദരങ്ങൾ കൊണ്ട് വന്നു ഈ മാനുള്ള ഒരു വെക്കലിയിൽ ഏറ്റവും ലളിതമായി ഏറ്റവും ചെറിയ തോതിലെങ്കിലും ഈ മാനുള്ള ഒരു വെക്കലിയിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെറിയ വേദന ആ ഒന്ന് അനുഗ്രഹത്തിൻ്റെ നമ്മോട് യാണ് രണ്ടാമത്തെ വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ മടിച്ചത് അതേ സമയത്ത് ഞാൻ പറയാതെ തന്നെ മൗനം വാചാലമായിക്കൊണ്ട് നിങ്ങളൊക്കെ ഉൾക്കൊണ്ടത് ഞാൻ ഒരുപക്ഷെ മനസ്സിലാക്കുന്നു എൻ്റെ ഓർമ്മ വെച്ചത് മുതൽ ഈ നാടിന് ഈ നാട്ടിൽ ഇത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ വ്യക്തിപരമായി തന്നെ ഞാൻ കൂടുതൽ വേദനകളെ താലൂപിക്കുന്ന വ്യക്തിയല്ല എപ്പോഴും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുക ഒരു ശൈലിയാണ് ആ പ്രതീക്ഷ തന്നെ ഞാൻ പറഞ്ഞ തിടുക്കവും എന്റെ സൗകര്യക്കുറവും എൻ്റെ തിരക്കുമൊക്കെ കാരണം വേണ്ട വിധത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് നമുക്ക് പ്രഭാഷണങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ പ്രസംഗങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കൂക്ക് വിളിക്കാൻ കഴിയും പക്ഷേ പ്രവർത്തനങ്ങളിൽ അതത്രത്തോളം വലിച്ചു ഇത് എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് എന്നല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ പ്രബോധന ശൈലി അതിനൊക്കെ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ പ്രബോധനം തന്നെ പ്രസാരണം ആണ് ഏറ്റവും ഉചിതമായ വാചകം എന്ന് പറയാറുണ്ട് ഒരു വ്യക്തിയോട് പറയുന്നു